ഇത് കണ്ടപ്പോഴേ തോന്നിയത് സാധനം ശരിയല്ല അതാ ഞാൻ ഇത്രയും കാര്യമായൊന്ന് പഠിച്ച ഇതൊന്നും ഉപയോഗ സാധനങ്ങളല്ല ചർച്ച ചെയ്യുന്നത് എന്താണ് പരമാർത്ഥം എന്നുള്ളതാണ് ശൃതിയിൽ രണ്ടു തരത്തിൽ പറയുന്നു പരമാർത്ഥത്തെക്കുറിച്ചും പറയുന്നു ഉത്പത്യാദി ശ്രുതികളെ കുറിച്ചും പറയും ഉത്പത്തി സ്ഥിതി സംഹ പ്രപഞ്ചത്തിൻ്റെ അപ്പോൾ പരമാർത്ഥം എന്ന് പറയുമ്പോൾ അത് നിത്യശുദ്ധ ബുദ്ധ എന്നെല്ലാം പറയുന്നതാണ് പരമാർത്ഥം ഉത്പത്യാദി ശ്രുതികളെ പറയുമ്പോൾ ഉത്പത്തിക്കൊരു കർത്താവ് വേണം പക്ഷെ അവിടെ കാര്യഭ്രഹ്മത്തെയും സ്വീകരിക്കേണ്ടി വരും സൃഷ്ടികർത്താവിനെ അംഗീകരിക്കേണ്ടി വരും സൃഷ്ടികർത്താവിനെ അംഗീകരിച്ചിട്ടുണ്ടോ പക്ഷെ അത് പരമാർത്ഥമായിട്ടല്ല അപ്പം അതിനോട് പറയുന്ന ഒരു യുക്തി എന്താണോ സൃഷ്ടിയെ പരമാർത്ഥമല്ല പിന്നെ അതിനുവേണ്ടി ഒരു സൃഷ്ടി കർത്താവിൻ്റെ ആവശ്യമുണ്ട് അപ്പൊ സൃഷ്ടികർത്താവും പരമാർത്ഥമല്ല മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ദൈവ നിഷേധം അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അത് ശ്രുതി യുക്തി ആശ്രയിച്ച് രണ്ടിനെ ആശ്രയിച്ച് പറയും പറഞ്ഞ് വിശേഷ നിരാകരണ ശ്രുതിന അനന്യാർത്ഥത്വം ഉത്പത്തി അത് ശ്രുതി നാമഭിസമാനം അനന്യാർത്ഥത്വം ഇരിച്ചിരുന്നു ഏകത്വ പ്രതിപാദനപരത്വ പക്ഷേ ശ്രുതി ഉണ്ടല്ലോ ഉത്പത്തിയെക്കുറിച്ച് പറയുന്ന ശ്രുതിയുണ്ട് ജഗത്തിനെ സൃഷ്ടിക്കുന്ന സർവജ്ഞനും സർവശക്തനുമായി ഈശ്വരനെ കുറിച്ച് പറയുന്നുണ്ട് പറയുന്നു അത് അതിൻ്റെയൊക്കെ താല്പര്യം ഏകത്വത്തെ ബോധിപ്പിക്കുകയാണ് സൃഷ്ടിയെ ബോധിപ്പിക്കുകയല്ല ശ്രുതി അങ്ങനെയുണ്ട് അതൊക്കെ പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ് നാനാത്വത്തെ നിഷേധിച്ചിട്ട് പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ് അത് വിശദീകരിക്കുന്നു മൃതാതി ദൃഷ്ടാന്തേഹി സദബ്രഹ്മണയോഗ്യ സത്യത്വം വികാരസിനൃതത്വം പ്രതിപാദയത് ശാസ്ത്രം നോത്പത്യാദിപരം ഭവതമർഹാതി അങ്ങനെയുള്ള ശ്രുതികൾ ഉത്പത്യാദിപരമല്ല എന്ന് വെച്ചാൽ ശ്രുതിയുടെ താത്പര്യം ജഗത്തിൻ്റെ ഉത്പത്തി സ്ഥിതി സംഹാരങ്ങളെക്കുറിച്ചൊന്നുമില്ല കാരണം അങ്ങനെ പറയുന്നിടത്ത് തന്നെ ശുതി എന്ന് തന്നെ വ്യക്തമാകുന്നുള്ളൂ എങ്ങനെ യുക്തിയിലൂടെ വ്യക്തമാക്കുന്നു ദൃഷ്ടാന്തം പറയുന്നത് എപ്പോഴും യുക്തിയെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് യുക്തി എന്താണ് മൃതാതി ദൃഷ്ടാന്തം മൃദൃഷ്ടാന്തം പറയുന്നു വാചാരംപണം നാമധേയോ മൃത്തികെ തീവ്രസത്യവും അപ്പോൾ അത് ഭാഷികാരം പലയിടത്തും പറയും ശ്രുതി തന്നെ യുക്തിയെ ആശ്രയിക്കുന്നു കാര്യങ്ങളെ പരമാർത്ഥമായി ബോധിപ്പിക്കുന്നു പരമാർത്ഥമായ തത്വം ഒന്നേ ഉള്ളൂ കരിബ്രഹ്മം എന്ന് പറയുന്നു ആ കാര്യബ്രഹ്മം അതാണ് ഇപ്പോൾ ഈശ്വരൻ എന്നുള്ള രീതിയിൽ പ്രസിദ്ധമായത് അപ്പം ആ കാര്യബ്രഹ്മം സത്യമല്ല എന്നാ സത്യമൊന്നേ ഉള്ളൂ എന്തുകൊണ്ട് സത്യമല്ല അത് നാനാ ഉപാധികളോടുകൂടി പ്രകടമായതാണ് കാര്യബ്രഹ്മം ഹിരണ്യഗർഭൻ എന്നെല്ലാം പറയുന്നു അപ്പം ഇവിടെ ഇത് ചിന്തിക്കേണ്ടി വരുന്നത് എന്താണ് ഉപാസകനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഉപാസകനെ ആരെ എന്തിനെ പ്രാപിക്കുന്നു കാര്യബ്രഹ്മത്തെ പ്രാപിക്കുന്നു അത് സത്യമാണോ അല്ല പരബ്രഹ്മം അവിടെ പ്രാപ്തിയില്ല അപ്പൊ അതിനെ സമർത്ഥിക്കുന്നു തത്വം എന്ന് പറയുന്നു മൃത് സ്ഥാനീയം മൃത്തിൻ്റെ സ്ഥാനത്താണ് അത് ആ മൃത്തിൽ നിന്ന് എത്ര പാത്രങ്ങൾ ഉണ്ടാക്കിയാലും അതൊന്നും സ്വതന്ത്രമായി നിലനിൽക്കുന്നതല്ല മൃത്തിനെ വിട്ട് നിലനിൽക്കുന്നതല്ല അല്ല സ്വതന്ത്രമായി ഉണ്ടല്ലോ പാത്രം പാത്രം മൃത്തല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിലും മൃത്തിൽ നിന്ന് വേറിട്ടൊരു പാത്രം എന്നൊരു അനുഭവം ഉണ്ടെങ്കിലും നേരത്തെ മൃത്ത് മാത്രമായിരുന്നു നേരത്തെ മണ്ണ് മാത്രമായിരുന്നു പാത്രമായി അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടെങ്കിലും ആ അനുഭവം സത്യം എന്തറിയുന്ന പറയുന്നത് മൃത്തെന്നുള്ള അനുഭവം ഉണ്ടല്ലോ അവിടെ ചിന്തിക്കണം ചിന്തിക്കുമ്പോൾ മൃത്ത് സത്യം മൃത്തം എന്ന് പറയുന്നത് സത്യമാണ് മൃത്തം നിന്നുണ്ടായ പാത്രം ഒന്നും സത്യമല്ല അത് പരമാർത്ഥദൃഷ്ടി സത്യദൃഷ്ടിയിലാണ് ഭാഷകാരനത് പറയുന്നത് അതും പറയും മറ്റൊരു പരമാർത്ഥദൃഷ്ടിയെ അവലംബിച്ച് ഇതിനെക്കുറിച്ച് വിചാരം ചെയ്യുകയാണ് അല്ല നമുക്കൊരു സത്യബുദ്ധിയുണ്ട് നമ്മുടെ സത്യബുദ്ധി അനുസരിച്ചിട്ടാണെങ്കിൽ ഇതെല്ലാം സത്യമാണ് സ്വതന്ത്രമായ സത്യമാണ് ആ ബുദ്ധിയിലല്ല ഭാഷകാലം പറയുന്നത് പരമാർത്ഥദൃഷ്ടി ആശ്രയിച്ച് പറയുകയാണ് പരമാർത്ഥദൃഷ്ടി ആശ്രയിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാധിയോടുകൂടിയിരിക്കുന്ന കാര്യബ്രഹ്മം രണ്യഗർഭൻ ഈശ്വരൻ അത് സത്യമല്ല ഈശ്വരൻ സത്യമല്ലെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല ഈ പറയുന്ന പരമാർത്ഥ ദൃഷ്ടിയുള്ളവർക്കേ പറ്റൂ അല്ലാത്തവർക്ക് പറ്റത്തില്ല അങ്ങനെ നിർബന്ധിക്കുന്നില്ല ാണ് ഭാഷകാരൻ തന്നെ എന്ത് ചെയ്യുന്നു ആ ഈശ്വരനീ അംഗീകരിക്കുന്നുണ്ട് പരമാർത്ഥത്തെ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ ഈശ്വരനെ കൂടെ സ്വീകരിക്കുക കുഴപ്പമൊന്നുമില്ല ഈശ്വരനാവശ്യമാണ് ഇങ്ങനെ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിനും പിന്നെ ഈ സൃഷ്ടികൾക്കെല്ലാം പ്രാർത്ഥിക്കുന്നതിനും ആശ്രയിക്കുന്നതിനും ഒരു ഈശ്വരൻ ആവശ്യമാണ് പക്ഷേ അത് ആർക്ക് വേണ്ടിയെന്ന് പറയുന്നു ആർക്ക് വേണ്ടിയാണോ ബോധമില്ലാത്തവർ ബോധമില്ലാത്തവർക്കാണ് ഈശ്വരൻ വേണ്ടത് ഇതാണ് അദ്വൈതത്തിൻ്റെ കാരണം പല ഭാഗങ്ങളും പറയുന്നുണ്ടല്ലോ ഈശ്വരനെ ആരാധിക്കും ഈശ്വരനെ ആരാധിച്ച് ഈശ്വരൻ്റെ അനുഗ്രഹം നേടണം ഇതെല്ലാം ഭാഷകാരൻ തന്നെ പറയുന്നുണ്ട് പക്ഷെ ആ പറയുന്നിടത്തെല്ലാം പറയും എന്താണോ അതാർക്ക് വേണ്ടി ബോധമില്ലാത്തവന് അത് ആവശ്യമാണ് ബോധമുള്ളവനതിൻ്റെ ബോധം ഇല്ലാത്തവന് ആ ബോധമില്ലായ്മ തന്നെ അവൻ്റെ മനസ്സിൻ്റെ അശുദ്ധിയാണ് അതുകൊണ്ടവൻ കൽപ്പിക്കുന്ന ഒരുപാട് അശുദ്ധികളുണ്ട് തൻ്റെ മനസ്സിൻ്റെ അശുദ്ധികളെല്ലാം അവൻ കൽപ്പിക്കും കൽപ്പിക്കുന്നതാണ് തൻ്റെ പൂർവ്വ ഭാവികളെ അവൻ കൽപ്പിച്ച അശുദ്ധി അവൻ്റെ മനസ്സിൽ കൽപ്പിക്കുന്നു മനസ്സിൽ അശുദ്ധി കൽപ്പിക്കുമ്പോൾ മനസ്സിൽ അസ്വസ്ഥതകളും ഉണ്ടാവും അവൻ തന്നെ കൽപ്പിച്ചാണ് അശുദ്ധി അതുകൊണ്ടാണ് അവൻ്റെ മനസ്സിൽ അസ്വസ്ഥതകൾ വരുന്നത് അപ്പോൾ അവന് അവൻ്റെ തന്നെ അസ്വസ്ഥത മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവന് ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടി വരും അപ്പം അവൻ കൽപ്പിച്ച അസ്വസ്ഥതകൾ അശുക്തി അശാന്തി എല്ലാം അവൻ്റെ മനസ്സിൽ നിന്ന് മാറും അത്രേ ഉള്ളൂ അത് മാറും ബോധമില്ലാത്തവന് ശാന്തി ഉണ്ടാക്കും ഈശ്വര സങ്കല്പം അതല്ലാതെ തത്വത്തിൽ മാറ്റമൊന്നും വരുത്തത്തില്ല നമ്മളെത്ര കാലം കൊണ്ട് പ്രാർത്ഥിക്കുന്നു ലോകോ ഭവന്തോ ഇപ്പൊ ലോകത്തിന്റെ അവസ്ഥ എന്തായി നമുക്കെന്ന് പുറത്തിറങ്ങാൻ വയ്യാതെ അതൊരു സത്യമല്ലേ നമ്മൾ ചിലപ്പോഴെങ്കിലും സത്യത്തെ കുറിച്ചൊന്നും ചിന്തിക്കണ്ടേ വല്ലപ്പോഴുമെങ്കിലും നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നു നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ലോകമൊക്കെ ഇങ്ങനെ നേരെ പോകുന്നത് എന്നാൽ വിചാരിച്ചത് അതൊരു പുനർവിചിന്തന ആവശ്യമാണ് ഈ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ലോകം മുഴുവൻ ഇന്നെന്തായി ഇതിനാണ് ഭക്ഷ്യകാരൻ നിഷേധിക്കുന്ന വസ്തുസ്ഥിതിയാണ് അതാണ് അപ്പോൾ ചിന്തിക്കും അപ്പം ഇത്രയും കാലം നമ്മൾ പ്രാർത്ഥിച്ചോണ്ട് പ്രയോജനമൊന്നുമില്ല തീർച്ചയായിട്ടും പ്രയോജനമുണ്ട് അതില്ലെന്നല്ല പറയുന്നു എന്താ പ്രയോജനം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം ഇവിടെ പിടിച്ചു നിന്നത് അല്ലെങ്കിൽ എന്നെ പോയത് നമ്മൾക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ എന്തു വേണം ഒരു പ്രാർത്ഥന വേണം അപ്പം നമ്മുടെ ചിത്തസമാധാനത്തിന് അത് വേണം അതിനെ നിഷേധിക്കുന്നില്ല ഭാഷയാണ് അതുകൊണ്ടാണ് ഭാഷയാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് ബോധമില്ലെങ്കിൽ നീ പ്രാർത്ഥിച്ചോ ഇത്രയും കാലം ഇതൊക്കെ ചർച്ച ചെയ്തിരുന്നു നിങ്ങൾക്ക് അത്രയെങ്കിലും മനസ്സിലായിരിക്കും എന്ന് വിചാരിക്കും അതുകൊണ്ട് പറയുന്നു ചിത്തശുദ്ധിക്ക് ഇതാവശ്യം എന്നാണ് പറഞ്ഞത് ഈശ്വരോപാസന എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ ചിത്തത്തിൻ്റെ ഈ ചിത്തത്തെ അശുദ്ധമാക്കിയ താൻ തന്നെയാണ് അശുദ്ധമാക്കിയത് അശുദ്ധമാക്കിയ തൻ്റെ ചിത്രത്തിൻ്റെ ശുദ്ധിക്ക് വേണ്ടി താൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു അത്രമാത്രം ശരി അതുകൊണ്ടല്ലേ ഇത് ഒരു പുതിയ ചിന്തയൊന്നുമല്ല മീമാംസകരും സംഖ്യന്മാരും എല്ലാം ആധ്യാത്മികവാദികളായിരുന്നു അവരാരും ഈശ്വരനോട് പ്രാർത്ഥിച്ചില്ല എന്നാലും അവർക്ക് ആത്മീയതയുണ്ടായിരുന്നു എന്ന് വിചാരിച്ച് പ്രാർത്ഥന നിർത്തണമെന്നല്ല പറയുന്നത് പ്രാർത്ഥിക്കുമ്പം മനസ്സിലാക്കിയിരിക്കുന്നു ഇതെന്താണോ ഇതിൻ്റെ രഹസ്യം എന്നുള്ളത് അപ്പം ഇതിൻ്റെ പിന്നിൻ്റെ ഒരു പരമാർത്ഥ ചിന്തയുണ്ട് അവിടെ ഇതെല്ലാം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഒരു പക്ഷേ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ ലോകത്തിലെ ഭൂരിപക്ഷ വിശ്വാസികളെ ലോകം മുഴുവൻ ഇന്നൊരു പ്രാർത്ഥനാ ദിനമായി ആചരിക്കുകയാണ് തിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാൻ വഴിയില്ല അങ്ങനെ അവർക്ക് ഒരാളെങ്കിലും കൂടെ കാണുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല ഉണ്ടോ ഉം ഒരാളെങ്കിൽ ഉണ്ടെങ്കിൽ പറയണം മുഖതായി പറയണം മുറിയിപ്പോയി പറയത് ഒരാളും കാണത്തില്ല കാരണം ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധം വിവരം വളരെ കമ്മിയാണ് പുറത്തെന്ത് നടക്കുന്നു കാര്യം നമുക്കറിയത്തില്ല കാരണം നമ്മളെല്ലാം ആധ്യാത്മിക ജീവിക്കണം എന്നാൽ അതിൻ്റെ എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല ലോക വിവരമുണ്ടോ എന്ന് ചോദിച്ചാൽ ാണ് ലോകത്തെന്ത്ഭവിക്കുന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയത്തില്ല അപ്പൊ പ്രാർത്ഥനാ ദിനമായി ലോകത്തിലെ ഭൂരിപക്ഷം മതം ഇന്ന് എല്ലാവരും ലോകത്തെവിടെയൊക്കെ ഉണ്ടോ ഭൂരിപക്ഷം മതം എന്ന് പറയുമ്പോഴേ നമ്മളീ കൂടിയിരിക്കുന്ന നമ്മൾ ഈ ലോകത്തിൽ വെറും പതിനഞ്ച് ശതമാനമേ ഉള്ളൂ അതും കൂടെ ഓർക്കണം അപ്പോൾ അതാണ് പറഞ്ഞത് ഭൂരിപക്ഷം മതം അപ്പോൾ ഈ പതിനഞ്ച് ശതമാനത്തിൻ്റെ പ്രാർത്ഥനയെന്ന് പറയുന്നത് എവിടെയാക്കാനാണ് ബാക്കി എൺപത്തഞ്ച് ശതമാനം വരെ കിടക്കുകയാണ് അതിന് ഭൂരിപക്ഷം ആണെന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്ത് അവരെന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്നറിയാം അവർ വിശ്വസിക്കുന്ന സർവജ്ഞനും സർവശക്തനും നീതിമാനുമായ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കണമെന്നെല്ലാവരും കൂടെ ചേർത്ത് പ്രാർത്ഥിക്കുകയാണ് എന്നുവെച്ചാൽ ഏതൊരു അവർ വിശ്വസിക്കുന്ന സർവജ്ഞനും സർവശക്തനും നീതുമാനുമായ ഏതൊരു ദൈവമാണോ ഈ യുഗത്ത് ഉണ്ടാക്കിയത് ആ ദൈവത്തോടെ ഇന്ന് അവർ പ്രാർത്ഥിക്കുകയാണ് ഇതൊന്ന് മാറ്റിത്തരാൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ദൈവത്തെ അവരെങ്ങനെയാണ് കാണുന്നത് ആ ദൈവം വെറും പൊട്ടനായിട്ടാണ് നമ്മൾ പറഞ്ഞാലേ ദൈവത്തിന് അറിയാൻ പറ്റുമോ ദൈവത്തിന് സ്വയം ഇത് മാറ്റണമെന്നുള്ള അറിവില്ല നമ്മൾ ആവശ്യപ്പെടണം നമ്മൾ അർത്ഥിക്കണം സർവജ്ഞനായ ദൈവത്തിന് അറിയത്തില്ല നമ്മളങ്ങോട്ട് ആവശ്യപ്പെടണം എന്നാൽ ദൈവമാണെന്ത് എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നു ദൈവം ഇവിടെ ഒരു സൃഷ്ടിയും നടക്കുന്നില്ല ദൈവം തന്നെയാണ് ചെകുത്താനയും സൃഷ്ടിച്ചത് പക്ഷേ ചെകുത്താന സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ദൈവത്തെ ചെകുത്താൻ അനുസരിച്ചില്ലെന്നാണ് അനുസരണ കേട് ഇത്ര തമാശയുള്ള തത്വശാസ്ത്രങ്ങൾ ഇവിടെ ഉണ്ടാകത്ത മാശയാണ് ഭാഷകാരൻ ഇതിനേക്കാണ് നിഷേധിക്കുന്നു ഇതിനൊന്നും പിടിച്ചു നീക്കാൻ പറ്റത്തില്ല പ്പോ ആ തത്വം അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നവരാണ് മനസ്സിലാക്കാത്തവർക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഭൂരിപക്ഷം പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പ്രാർത്ഥിക്കുന്നതിന് ഗുണമുണ്ട് എന്താണ് അവർക്കൊരു മനസ്സമാനമുണ്ടാകും പ്രാർത്ഥിക്കുന്നവർക്ക് ആകെ അവർ ഒരുപാട് ആശങ്കകളിലും ഭയത്തിൽ നോക്കുകയാണ് ഇത് എവിടെ ചെന്നയിക്കും അവർ നേരിട്ട് കാണുകയാണ് മനുഷ്യന്റെ ദുരന്തങ്ങൾ അപ്പോൾ ഒരു ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പക്ഷേ വസ്തുതാപരമായി അവിടെ തിയോളജി ഇതൊന്നും യോജിപ്പിക്കാൻ പറ്റത്തില്ല ഇതിനൊന്നും ന്യായീകരണങ്ങളില്ല പക്ഷെ ഇത് പ്രാർത്ഥിപ്പിക്കുന്നവരാണ് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെടുന്നവരാണ് പുരോഹിതനാണ് അപ്പോൾ പുരോഹിതന്റെ ജോലി എന്താണ് ചിന്തിക്കാൻ അനുവദിക്കാതിരിക്കുകയാണ് അതാണ് പുരോഹിതന്റെ ജോലി ചിന്തിക്കരുത് ചിന്തിച്ചാൽ പിന്നെ അവിജത്തിക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളൂ സർവജ്ഞനും സർവശക്തനും നീരുമാനുമായ ദൈവത്തിനോട് നമ്മൾ പറയണോ ഇതെല്ലാം മാറ്റിത്തരാൻ അത് മാറ്റണമെന്നുള്ള ബോധം ഇല്ലാത്തയാളാണോ ഈശ്വരൻ എന്നൊന്ന് ചിന്തിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ദൈവം ഇത് മാറ്റും എന്ന് വിശ്വസിക്കാൻ ഒരാൾ തയ്യാറാകത്തില്ല അങ്ങനെ അതിനൊരു സമാധാനം അവരുടെ തത്വശാസ്ത്രത്തിലില്ല ഒരു തത്വശാസ്ത്രത്തിൽ അവിടെ തത്വശാസ്ത്രത്തിൽ എന്താ പറയുന്നത് ഇതിനൊരു സമാധാനം പറയുന്നത് എന്താണ് എന്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അത് കേട്ടിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത് നമ്മുടെ തത്വശാസ്ത്രമായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്തു മനുഷ്യന് ചില കഴിവുകളൊക്കെ കൊടുത്ത് ബുദ്ധി ശക്തി അപ്പോൾ അഥവാ നേരെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല മോശമായി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത് അവൻ എന്തുകൊണ്ടാണ് അത് മോശമായിട്ട് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് ഏ അങ്ങനെ അവൻ്റെ ഉള്ളിൽ പാപമുണ്ട് ആദിമ പാപം അവൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അവൻ തെറ്റായി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് എന്ത് വരുന്നു അവൻ്റെ പ്രവൃത്തി കൊണ്ടാണ് ഈ ദുരന്തങ്ങളെല്ലാം ഉണ്ടാകുന്നത് ആ ഭാഗം ശരിയാണ് എന്താണ് ഈ ദുരന്തങ്ങളെല്ലാം ഉണ്ടാകുന്നതിനും മനുഷ്യനും ഒരു കാരണമാണ് മനുഷ്യനറിയാത്ത കാരണങ്ങളുമുണ്ട് തീർച്ചയായും മനുഷ്യൻ്റെ അതിലൊരു വലിയ പങ്കുണ്ട് ആ ഒരു ഭാഗം ശരിയാണ് അവരുടെ തിയോളജി അനുസരിച്ച് പക്ഷെ മറ്റൊരു ഭാഗം പറയുന്ന എന്താണ് സർവജ്ഞന നീതിമാനുമായ ദൈവം മനുഷ്യരെ എല്ലാം സൃഷ്ടിച്ചിട്ട് അവനെന്തു കൊടുത്തു ബുദ്ധി കൊടുത്തു അതവന് നല്ല രീതിയിൽ ഉപയോഗിക്കാം ചീത്തയായ രീതിയിലും ഉപയോഗിക്കാം നല്ല രീതിയിൽ ഉപയോഗിച്ച പ്രശ്നവും ഇല്ല രീതിയിൽ ഉപയോഗിച്ചത് എന്തുകൊണ്ട് പാപം കൊണ്ട് അപ്പോൾ ദുരന്തം വരുമ്പോൾ എന്ത് ചെയ്യുന്നു അവൻ വളരെ പശ്ചാത്താപത്തോടു കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ദൈവം അതിശ്രദ്ധിക്കുന്നു ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുന്നു അവൻ്റെ ദുരിതത്തിൽ നിന്നവനെ മോചിപ്പിക്കുന്നു ഇതാണ് പുരോഹിതൻ പഠിപ്പിക്കുന്നു ലോകത്തെല്ലായിടത്തുമുള്ള പുരോഹിതന്മാരിതാ പഠിപ്പിക്കുന്നു ഇതിലെന്താ പോരായ്മ ഉള്ളത് ഇത് ശരിയല്ലേ അല്ലേ ഇതിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ മനുഷ്യൻ അവൻ്റെ കൊടുത്ത ആ ഉപകരണങ്ങളെ ശരിയായി ഉപയോഗിക്കാതെ തെറ്റായി ഉപയോഗിച്ചത് കൊണ്ട് ദുരന്തം ഉണ്ടായി അപ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചാ ദുരന്തത്തിൽ നിന്നും മോചനം കിട്ടും ഇങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ തത്വശാസ്ത്രത്തിൽ അവന്റെ തത്വശാസ്ത്രത്തിൽ ഏതെങ്കിലും തത്വശാസ്ത്രത്തിൽ ഉണ്ടോ ദോഷം എന്താണ് ഏ അങ്ങനെ ആ സദ്യതക്ക് ആ അത് തന്നെയാണ് അതായത് ഇതൊന്നും നിൽക്കത്തില്ല നമ്മളൊരു കുട്ടിയുടെ കയ്യിലൊരു മൊബൈൽ എടുത്തുകൊടുത്തു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ നല്ല രീതി ഉപയോഗിക്കും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണല്ലോ പഠിക്കാൻ ഉപയോഗിക്കും അല്ല ഇനി അവൻ അതിൽ വേണ്ടാതീനങ്ങൾ അതുപയോഗിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അത് പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ നശിക്കും അപ്പോ അത് സംഭവിക്കാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അത് സംഭവിക്കുന്നത് ഈ കൊടുത്ത് എടുത്ത് വാങ്ങിക്കൊടുക്കുന്ന രക്ഷാകർത്താവിനറിയത്തില്ല ഇവൻ ഇതെങ്ങനെ ഉപയോഗിക്കുമെന്നുള്ളത് ശരിയായ രീതി ഉപയോഗിക്കും അത് തെറ്റായ രീതി ഉപയോഗിക്കുമെന്ന് അറിയത്തില്ല ഇത് താണ് സാധാരണ ഉദാഹരണം പറയുന്നത് ഒരു തീ കൊള്ളിയെടുത്ത് ഒരു കുഞ്ഞിൻ്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവന് അതുകൊണ്ട് അവൻ്റെ മേത്ത് ചൊറിഞ്ഞുകഴിഞ്ഞാൽ അത് കൊള്ളും അല്ലേ ചൊറിഞ്ഞില്ലെങ്കിൽ അവന് കുഴപ്പമൊന്നുമില്ല ഒരു കത്തി എടുത്ത് ഒരാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടൊരു മനുഷ്യജീവനെ കുത്തി കഴിഞ്ഞാൽ അത് അപകടമാണ് കുത്തിയില്ലെങ്കിൽ ദോഷമൊന്നും ഇങ്ങനെയാണ് ഈ പൗരോഹിത്യ ശാസ്ത്രം പഠിപ്പിക്കുന്നത് ആ ഭാഗം ശരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഉപകരണങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ദോഷമില്ല തെറ്റായ രീതി ഉപയോഗിച്ചാൽ ദോഷം അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് ഇത് ഉപയോഗിക്കുന്നവനാണ് ഇത്രമാത്രം ശരിയാണ് പക്ഷേ അതിൽ തെറ്റ് വരുന്നത് എവിടെയാണ് ഇതിൻ്റെ പിന്നിൽ സർവശക്തനും സർവജ്ഞനും നീതിമാനുമായൊരു ഈശ്വരൻ അംഗീകരിച്ചാൽ നമ്മളങ്ങനെ തെറ്റായി ഉപയോഗിക്കുമെങ്കിൽ അതിനെക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധനം ഈശ്വരൻ കൊടുക്കാൻ പാടില്ല എന്നുകൊണ്ട് ഭാവി അറിയാം ഈശ്വരന് അല്ലേ യവന്റെ കൈ കൊടുത്താൽ ഇവനത് തെറ്റായി ഉപയോഗിക്കും അപ്പൊ ഇത് തെറ്റായി ഉപയോഗിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് സർവജ്ഞനായ ഈശ്വരൻ എവന്റെ കയ്യിൽ കത്തിയെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് ആർക്കായിരിക്കും ഉത്തരവാദിത്വം അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ശ്വരനാണ് അപ്പൊ ഈശ്വരൻ യവനെ കൊണ്ട് കുത്തിച്ചു പിന്നെ യവനെന്ത് ചെയ്യുന്നു പാപബോധം കൊണ്ട് പശ്ചാത്താപത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ ഉത്തരവാദി വരെ പൗരോഹിത്യ ശാസ്ത്രത്തിനൊരിക്കലും അവരിങ്ങനെ ഉണ്ടാക്കിയ ഈ കടങ്കഥകൾ കൊണ്ട് ഒരിക്കലും ഇത്തരം പ്രശ്നങ്ങൾക്കൊരു യുക്തിയുക്തമായ സമാധാനം പറയാൻ കഴിയത്തില്ല അതില്ലെങ്കിൽ ശരി ആ ഈശ്വരനെങ്ങോട്ട് മാറ്റി നിർത്തുക ഞാൻ എൻ്റെ വിവേകം ഉപയോഗിച്ചില്ല അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തു ഇപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുന്നു അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തിനു വേണ്ടി എൻ്റെ മനഃശാന്തിക്ക് വേണ്ടി അങ്ങനെയാണല്ലോ തെറ്റ് ചെയ്താൽ പ്രായച്ചിത്തം ചെയ്യുമ്പോൾ അവർക്ക് മനഃശാന്തി ഉണ്ടാവും അപ്പോ തെറ്റ് ചെയ്യുക തെറ്റിന് പ്രായച്ചിത്തം ചെയ്യുക എന്നാൽ അവിടെ ഈശ്വരനെ സ്വീകരിക്കാതിരിക്കും ഇതാരുടെ രീതിയാണ് മീമാംസകരുടെ ഭാരതത്തിലെ പ്രാചീനന്മാരായ ആചാര്യന്മാരുടെ രീതിയാണ് അപ്പോൾ ആരാണ് മിടുക്കന്മാർ ദൈവത്തെ സ്വീകരിച്ചവരാണോ സ്വീകരിക്കാത്തവരാണോ ആരാണോ അവരും പുരോഹിതന്മാരായിരുന്നു അത് വേറൊരു വശം പക്ഷെ ദൈവജ്ഞത്തിനെ സർവജ്ഞനായി ഈ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാ നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങളും കുറ്റകൃത്യങ്ങൾക്കുമെല്ലാം ആദ്യത്തെ ഉത്തരവാദിയാരും ഈശ്വരൻ തന്നെ കാരണം ഭാവി അറിയുന്ന ആളാണ് ഈശ്വരൻ തീക്കൊള്ളി കൊണ്ട് തലയിൽ ചെറിയുന്നവൻ്റെ കയ്യിൽ തീക്കൊള്ളി കൊടുക്കരുത് കൊടുക്കാൻ പാടില്ല അപ്പോൾ അവിടെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും സൗണനായ ഒരു ഈശ്വരനെ നീതിമാനായി എങ്ങനെ സ്വീകരിക്കാൻ പറ്റും അപ്പോൾ അവസാനം എന്ത് സ്വീകരിക്കേണ്ടി വരും തൻ്റെ കുറ്റങ്ങൾക്കും ശരിക്കും എന്ന ഉത്തരവാദിത്താൻ തന്നെയാണ് ഈ ദുരന്തങ്ങൾ എല്ല സംഭവിക്കുന്നതിന് ഉത്തരവാദി പൂർണ്ണമായും മനുഷ്യൻ തന്നെയാണ് അപ്പം അതിന് പരിഹാരം ആരാ കാണേണ്ടത് മനുഷ്യൻ തന്നെയാണ് അതിന് പരിഹാരം കാണാൻ വേറെ ആരുമില്ല അതിന് ഏറ്റവും വലിയ തെളിവല്ലേ നോക്കുക ഇപ്പോൾ എത്രയോ കാലമായി നാട്ടിലുള്ള ദേവാലയങ്ങളെല്ലാം അടച്ചിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ഉണ്ടായോ എന്നാൽ ഈ ആശുപത്രികളെല്ലാം ഒരു ദിവസത്തേക്ക് അടച്ചിട്ട് നോക്കട്ടെ എന്തായിരിക്കും സ്ഥിതി ഒരു ദിവസത്തേക്ക് ഈ ഹോസ്പിറ്റലുകളെല്ലാം ഒന്ന് പൂട്ടിയിട്ട് എന്തായിരിക്കും അപ്പോൾ ഇതിന് പരിഹാരം ആരാ കാണുന്നത് മനുഷ്യൻ തന്നെയാണ് നിങ്ങൾക്ക് ലോകവിവരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇക്കഡോർ എന്ന് കേട്ടിട്ടുണ്ട് ഒരു ചെറിയ രാജ്യമാണ് അവിടെ റോഡ് സൈഡിൽ ശവങ്ങൾ കിടക്കുകയാണ് അതെടുത്ത് മറവ് ഈ അസുഖം എത്രയോ ശവങ്ങൾ കിടക്കും ഒരു ശവം എടുത്ത് മറവ് ചെയ്യണമെങ്കിൽ രണ്ടു മൂന്ന് ദിവസം പിടി ആളില്ല സംവിധാനങ്ങളില്ല എന്താ അതിന് കാരണം അവിടെയുള്ളവരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെയും പുരോഹിതന്മാരുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അടിസ്ഥാനപരമായ ആരോഗ്യ രക്ഷാ സംവിധാനങ്ങൾ ആ രാജ്യത്തില്ല പാവങ്ങളുടെ രാജ്യമാണ് സമ്പത്തില്ല ആരോഗ്യ സംവിധാനങ്ങളില്ല ഇവിടെയും പുരോഹിതൻ തന്റെ ബിസിനസ് നടത്താനാണ് നോക്കുന്നത് സത്യം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ ഇതൊക്കെ ഭാഷകാരം നേരത്തെ കണ്ട് ഭാരതത്തിൽ കുറച്ച് പേരെങ്കിലും വിവരമുള്ളവരുണ്ടായിരുന്നു മീമാംസകരും സംഘന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അവരിങ്ങനെയുള്ള വൈഷമ്യങ്ങളും സൃഷ്ടിക്കാതെ തന്നെ അവർ ആധ്യാത്മിക ചിന്തയിൽ അവരുടെ ആധ്യാത്മികതെന്ന് പറയുന്നത് പൂർണ്ണമായും അത് മാനസികമായ ആരോഗ്യം നിലനിർത്തുന്നതും മനുഷ്യനെ ഇങ്ങനെയുള്ള കണികളിപ്പെടുത്താത്ത അവരെ ശരിയായ മുക്തിയിലേക്ക് വഴി കാണിക്കുന്നതായിരുന്നു അതിനെ പിന്തുടർന്നിട്ടാണ് ഭാഷകാരൻ ഇത് പറയുന്നത് അങ്ങനെ ഒന്നിനെ അറിവില്ലായ്മ കൊണ്ട് സ്വീകരിക്കുക അത്രയും ഭാഷകാരൻ അംഗീകരിക്കുന്നു അറിയില്ലാത്തവരെന്നും സ്വീകരിക്കും അതുകൊണ്ടാണ് ഭൂരിപക്ഷം അതായത് പതിനഞ്ചും പതിനഞ്ചും മുപ്പതും ഒന്ന് മുപ്പത്തൊന്ന് ശതമാനം ലോക ജനസംഖ്യയുടെ മുപ്പത്തൊന്ന് ശതമാനം ഒഴികെ ബാക്കി എത്ര ശതമാനമുണ്ട് അവർ പൂർണ്ണമായും അറിവില്ലായ്മയുടെ പറകിലാണ് പിന്നെ അവർ പതിനഞ്ച് ശതമാനം ആ പതിനഞ്ച് ശതമാനത്തിൽ എത്ര ശതമാനം അതിലും തൊണ്ണൂറ്റി ഒമ്പത് ദശാംശ ഒമ്പത് ശതമാനം ഈ അറിവില്ലായ്മയുടെ പിന്നിലാണ് ആധ്യാത്മികമായി ചിന്തിക്കുന്നവർ എല്ലാം ഇങ്ങനെയുള്ള യാതൊരു യുക്തിപരമായും നിലനിൽക്കാത്ത യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്ത ചിന്താധികളുടെ പിന്നിലാണ് പോകുന്നത് അതുകൊണ്ട് ഭാഷകാലം പറഞ്ഞു നിങ്ങൾക്ക് ബോധമില്ലെങ്കിൽ അറിവില്ലെങ്കിൽ ഇതിനെയൊക്കെ സ്വീകരിക്കുക പിന്നെ പരമാർത്ഥത്തെ ബോധിക്കുന്നതാണ് പരമാർത്ഥത്തിൻ്റെ ബോധമാണ് അറിവ് അവിടെ ഇതൊന്നുമില്ല അതാണ് ഈ പറയുന്നതൊക്കെ അത് ഈ കൊറോണ കാലത്ത് പറഞ്ഞു എന്നുള്ളതേയുള്ളൂ നമ്മളത് ചർച്ച ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഇന്നത്തെ ചുറ്റുപാടുകളുമായി ബന്ധിപ്പിച്ചതിനെ കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് മനസ്സിലാക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മനസ്സിലാകും അപ്പോൾ ഷികാരൻ തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒന്നിനോട് യാതൊരു കോംപ്രമൈസും ചെയ്യത്തില്ല ഇതാണ് പരമാർത്ഥം ബോധിക്കുക പിന്നെ ബാക്കിയുള്ളതെല്ലാം ബോധമില്ലാത്ത മനുഷ്യർ അത് പറയുന്നത് എന്താണോ അതില് രണ്ടു വശമുണ്ട് ബോധമില്ലാത്ത മനുഷ്യരെ ബോധത്തിലേക്ക് നയിക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ടിങ്ങനെയുള്ള സിദ്ധാന്തങ്ങള് ആവിഷ്കരിച്ചു എന്നാണ് ചിലര് പറയുന്നത് അവർക്കറിയാം ഇതൊക്കത്തെ അസംബന്ധമാണ് അപ്പോൾ നയിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ പറഞ്ഞിരിക്കുകയാണ് എന്നുവെച്ചാൽ പരമാർത്ഥം എന്താണെന്ന് അറിയാം എന്നാലും ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്നില്ലേ അപ്പോൾ അതവരെ വെളിച്ചത്തിലേക്ക് നയിക്കാനാണ് എന്നാണ് പറഞ്ഞു വരുന്നത് പക്ഷേ ഫലത്തിൽ എന്താ സംഭവിക്കുന്നത് എന്താ സംഭവിക്കുന്നു സംഭവിക്കുന്നു ഫലത്തിൽ ഇതറിഞ്ഞു അറിയാമെങ്കിലും ഇത്തരം സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് സാമാന്യ ജനങ്ങളെ ചൂഷണം ചെയ്യുക ചെയ്യുന്നു അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത സാമാന്യജനത്തെ അത് ഉപയോഗിച്ച് ചൂഷണം ചെയ്യുന്നു ഒരിക്കലും അവരോട് സത്യം പറയത്തില്ല ഇന്നതാണ് സത്യം ഇതാണ് സത്യം പക്ഷെ ഇതിൻ്റെ പ്രയോജനം മറ്റൊന്നാണ് എന്നാലും പറയത്തില്ല അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ ചൂഷണമില്ല നീ പ്രാർത്ഥിക്കുക നിന്റെ ശാന്തിക്ക് വേണ്ടി പക്ഷെ സത്യം ഇന്നതാണെന്ന് ആരെങ്കിലും പറയൂ പറയത്തില്ല അപ്പം ഇതിൻ്റെ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയാണെന്ന് പറയുകയാണെങ്കിൽ അവിടെ സത്യവും പറയണം ഇതിൻ്റെ പേരിൽ ചൂഷണവും പാടില്ല അതുകൊണ്ടാണ് ഭാഷകാരൻ ഇവിടെ സത്യവും സത്യം ഒന്നേ ഉള്ളൂ അതെന്താണെന്ന് അടുത്ത് വ്യക്തമാക്കിക്കൊണ്ടുവരികയാണ് അപ്പോൾ ചിലടേക്ക് മനസ്സിന് ഒരു ധാരണ വരും ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ നാസ്തികതയിലേക്ക് പോകത്തില്ലേ എന്നുള്ളത് അങ്ങനെ ചിന്തിക്കും അതിനെന്ത് സമാനം പറയും എന്ത് സമാനം പറയും എന്താണ് നിങ്ങക്കൊന്നും തോന്നില്ല അല്ല ഈ പറയുന്നത് പരമാർത്ഥം ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷകാരൻ തന്നെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതൊരു ഈശ്വര നിഷേധമല്ലേ ഈശ്വര നിഷേധം എന്ന് പറയുമ്പോൾ അത് നാസ്തികതയായി പൊതുജനങ്ങളോട് പറഞ്ഞ് പറയാത്തത് ഇതുകൊണ്ടാണ് നാസ്തികതയിലേക്ക് വരുമെന്നാണ് അതിനെന്ത് സമാനം പറയും അതായത് ഈ തിയോളജി പാപത്തിൻ്റെ അതിൻ്റെ ദുഃഖത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒക്കെ ഈ തിയോളജി അത് കുറേയൊക്കെ നമ്മൾ സ്വീകരിക്കുന്നു അവരിൽ നിന്ന് സ്വീകരിച്ചു ഈ തിയോളജി നിങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്തോളം അതാണ് ഇവിടെ നാർത്തികത കൂടാൻ കാരണം എവിടെയൊക്കെ ഇത് പ്രചരിപ്പിച്ചോ അവിടെയൊക്കെ ഭൂരിപക്ഷം ജനങ്ങളും എന്തായി നാസ്തികരായി അപ്പോൾ ഇതിൻ്റെ പ്രചാരമാണ് നാസ്തികതയിലേക്ക് വരുന്നത് നാസ്തികതയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകും കാരണം അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഇതൊക്കെ തുടങ്ങി വെച്ച കാലഘട്ടത്തിൽ മനുഷ്യന് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധമൊക്കെ വളരെ കമ്മിയായിരുന്നു ആന്തവൻ ഇതിനെയൊക്കെ അന്ധമായിട്ട് ഇതിൻ്റെ പോയി ഇന്ന് മനുഷ്യനും സാമാന്യ ജനങ്ങൾക്കും വിവരം വെച്ച് തുടങ്ങി എന്നുവെച്ചാൽ അവർ ചിന്തിക്കാൻ തുടങ്ങി അപ്പം ഇത്തരം തിയോളജികൾ ലോകത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെത്രയൊക്കെ പരിശ്രമിച്ച് പറഞ്ഞാലും ശരി ജനങ്ങളിതൊക്കെ തള്ളിക്കളയും അപ്പോൾ ജനങ്ങളിൽ നാസ്തികത വർദ്ധിക്കും ഞാൻ പറയുന്നതിൻ്റെ ചുരുക്കം അവരെല്ലാം ചെയ്യുന്നത് കണ്ടിട്ട് അവരെ അനുകരിച്ച് നമ്മൾ ഇതിൻ്റെ പിറകെ പോയിക്കഴിഞ്ഞാൽ അവസാനം നമ്മളും ജനങ്ങളെവിടേക്ക് നയിക്കും നാസ്തികതയിലേക്ക് നയിക്കും നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല സംഭവിക്കുന്നു അവിടെ സംഭവിച്ചു തന്നെ ഇവിടെയും സംഭവിക്കും ജനങ്ങളിതിനെയൊക്കെ പുച്ഛിച്ച് തള്ളിക്കളി അതുതന്നെ സംഭവിക്കും അവിടെ സംഭവിച്ചു ഇവിടെയും സംഭവിക്കും അപ്പം സത്യം പറയണം ജനങ്ങളോട് സ്വീകരിച്ചാലും തള്ളിക്കളഞ്ഞാൽ ഇതാണ് സത്യം അല്ലാതെ അസത്യം പറഞ്ഞിട്ട് അവർ സത്യത്തിലെത്തിക്കാമെന്ന് വിചാരിക്കുന്നത് അത് അവരെത്തിച്ചേരുന്ന സത്യം നാസ്തികതയായിരിക്കും അതെല്ലാം പാടേ നിഷേധിക്കുന്ന ഒന്നായിരിക്കും അപ്പോ നമ്മുടെ എന്താണ് ആചാര്യൻ ഇതെല്ലാം നേരത്തെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് സത്യം തന്നെ പറയാൻ ഉറപ്പിച്ചു സ്വീകരിച്ചാണ് സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ ഇതിനെതിരായ വേറൊരു വാദം വരുന്നത് എന്താണ് ഭൂരിപക്ഷത്തിന് വേണ്ടത് എന്തോ അത് നമ്മൾ കൊടുക്കുന്നു എന്നാണ് അത് ഏറ്റവും ബാലിസ്യമായൊരു വാദമാണ് ഭൂരിപക്ഷത്തിന് സത്യമൊന്നും വേണ്ട അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഭൂരിപക്ഷത്തിന് വേണ്ടത് നമ്മൾ കൊടുക്കുന്നു ഇന്ന് ഭൂരിപക്ഷത്തിന് വേണ്ടത് എന്താണെന്ന് അറിയാമോ അവിടെയിരിക്കുന്ന ആർക്കെങ്കിലും അറിയാമോ ഏ കേട്ടില്ല അല്ല ജയ് അബദ്ധം പറയാതെ ഇന്ന് ഭൂരിപക്ഷത്തിന് വേണ്ട എന്താണ് നിങ്ങൾക്ക് പരിസരബോധം തീരല്ല എന്ത് ചെയ്യാൻ ഏ ഇന്ന് ഭൂരിപക്ഷം പറയുന്ന വെബ്കോയുടെ ഇതെല്ലാം തുറക്കണമെന്നാണ് പൂട്ടിയിട്ടിരിക്കുന്നത് ജനങ്ങളുടെ മുഴുവൻ ആവശ്യമതാണ് എത്ര കാലം കൊണ്ട് ജനങ്ങളിങ്ങനെ ഓടി ഉഴറി നടക്കുന്നു നിരുപാധികമായി തുറക്കണമെന്നാണ് ഇപ്പൊ ഒരു പ്രത്യേക ആപ്പൊക്കെ ഉണ്ടാക്കി അതും പൊളിഞ്ഞു ആകെ പ്രശ്നമായിരിക്കുകയാണ് ജനങ്ങളൊക്കെ കരയുകയാണ് നിങ്ങൾ ഈ ടിവിയും സോഷ്യൽ മീഡിയ ഒക്കെ ജനങ്ങൾ കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ് സംസാര ദുഃഖം അവർ യഥാർത്ഥത്തെ അനുഭവിക്കുകയാണ് ഇപ്പോൾ ഭൂരിപക്ഷം ജനങ്ങൾക്കും വേണ്ട അതാണ് വന്ന ഒരു ദുരന്ത ലോക്ക്ഡൌൺ ഉണ്ടാക്കിയ ഒരു ദുരന്തമെന്നവർ പറയുന്നു ബാക്കിയെല്ലാം സഹിക്കാം അമ്പലം അടച്ചിട്ടെങ്കിൽ ആർക്കും ഒരു പരാതിയില്ല ഇത് അടച്ച അന്ന് മോൽ ബിവറേജ് അടച്ച അന്നുപോലെ ജനങ്ങൾ ഓടി അടക്കണം ഇത് ഇത് തുറക്കണം തുറക്കണം പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് പ്രഖ്യാപിച്ച് അത് അടയ്ക്കണോ പറഞ്ഞു കുറച്ച് റിലാക്സേഷൻസ് ഒക്കെ കൊടുത്തപ്പം വേണ്ടി വന്നാൽ തുറക്കും ഇപ്പം ഭൂരിപക്ഷത്തിന് സമൂഹത്തിന് ആവശ്യം അതാണ് എന്താ നമ്മൾ അതിൻ്റെ ബിസിനസ് തുടങ്ങും സത്യസന്ധമായി പറയും ഭൂരിപക്ഷത്തിന് വേണ്ട നമ്മൾ കൊടുക്കുമോ ഏ ഇതൊക്കെ വെറുതെ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഇങ്ങനെ ഞാനും വെറുതെ കുത്തിയിരുന്ന് വേറെ പണിയൊന്നുമില്ല മനുഷ്യനെങ്ങനെയാ ചിന്തി എന്താ ഈ ലോകത്ത് നടക്കുന്ന ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി ശരിയാണെങ്കിൽ അപ്പോ ഭൂരിപക്ഷത്തിന് വേണ്ടത് കൊടുക്കുക എന്ന് പറയുന്നിരുന്ന് യാതൊരു യുക്തിയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇതൊക്കെയാണ് ഇതോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് വേണ്ടത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യം എന്തോ നമ്മൾ സത്യം തന്നെ പറയുന്നു അതാണ് ഭാഷകാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അ സ്വീകരിക്ക തള്ളിക്കളേ ആയിട്ട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാഷകാരൻ ഇങ്ങനെ ഒരു സത്യം പറഞ്ഞു ഇതാണ് പരമാർത്ഥം നമ്മളെല്ലാം അന്നേ ഇത് തള്ളിക്കളഞ്ഞു അതുകൊണ്ട് ഭാഷകാരനോട് നഷ്ടവും വന്നോ വന്നോ പറഞ്ഞാലെന്തെങ്കിലും നഷ്ടം വന്നോ ഒരു നഷ്ടവും നഷ്ടം ആർക്കു തന്നു തള്ളിക്കളഞ്ഞാ നമുക്ക് വന്നു നമ്മളിന്നും ബോധമില്ലാത്തവരായി പോകുന്നു അതുകൊണ്ടിവിടെ ഇവിടെ ചോദിച്ചല്ലോ ഇതൊക്കെ ഈ അദ്വൈതം പറയുന്നതിന് എന്തെങ്കിലും യുക്തി ഉണ്ടോയെന്ന് ചോദിച്ചത് അപ്പൊ യുക്തി ഉണ്ടോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി ബലാൽ ആരെയും അംഗീകരിക്കുന്നുണ്ട് അത് യുക്തിയുണ്ടോയെന്ന് സംശയിക്കുന്നത് സ്വാഭാവികമാണ് എന്തുകൊണ്ട് എന്താ കാരണമെന്നറിയാമോ നമ്മൾ അദ്വൈതികളാണ് നമുക്ക് അദ്വൈതം അറിയാം അതുകൊണ്ടാണ് നമ്മൾ സംശയിക്കുന്നത് ഇതിന് യുക്തി ഉണ്ടോ അപ്പോൾ അദ്വൈതം അറിഞ്ഞാൽ പിന്നെ സംശയിക്കുന്നു അദ്വൈതം നമ്മൾ യുക്തിയിലൂടെ മനസ്സിലാക്കിയില്ല അവിടെ അത് യുക്തിയിലൂടെ മനസ്സിലാക്കിയാലേ ഇതിന് യുക്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം മറ്റു ഏതൊരു സിദ്ധാന്തവും പോലെ തന്നെ കേവല സിദ്ധാന്തമായി സിദ്ധാന്തികൾ ഈ സിദ്ധാന്തികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ എന്താ സിദ്ധാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വമാ പൂച്ച പൂച്ച എന്ന് പറയുന്നതാണ് അവരെയാണ് സിദ്ധാന്തികളെന്ന് പറയുന്നത് ഒരു കാര്യം എവിടെന്നെങ്കിലും കേട്ടു ശരി കേട്ടതിനെ നമ്മൾ വീണ്ടും പറയുക എന്നുവെച്ചാൽ തനിക്ക് ദയിച്ച കാര്യമല്ല ദഹിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു കക്കിക്കളയുന്ന അതിനെ സിദ്ധാന്തം എന്ന് പറയുന്നു അപ്പം അദ്വൈതത്തെ സിദ്ധാന്തമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ദോഷം വരുന്നത് അത് യുക്തിയിലൂടെ മനസ്സിലാക്കണം അനുഭവത്തിലൂടെ മനസ്സിലാക്കണം അനുഭവത്തെ പിന്തുടരുന്ന യുക്തിയിലൂടെ മനസ്സിലാക്കിയ പ്രസിദ്ധ അതിനെന്ത് വിചാരം ചെയ്യണം നമ്മുടെ പൂർവികന്മാരായ ആചാര്യന്മാർ പറഞ്ഞു തന്ന ആ വഴിക്ക് അവരുപയോഗിച്ച വ്യക്തികൾ ചിന്തിച്ച് അതിലൂടെ നിന്നെ ഗ്രഹിക്കണം സ്വാംശീകരിക്കണം എന്നാലേ അത് ആ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളെ മനസ്സിലാക്കി തരാനാണ് ഭാഷികാലം ശ്രമിക്കുന്നത് അതാണിവിടെ പറഞ്ഞത് വികാരസി അനൃതത്വം പ്രതിപാദയത് ശാസ്ത്രം ഈ കാരി ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു വികാരമാണ് സത്യത്തിൻ്റെ വികാരമാണ് അത് അനൃതം എന്നാണ് ശാസ്ത്രം പറയുന്നത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശ്രുതി ഇത് ഞാൻ പറയുന്നതല്ല ഇവിടെ ബോധിപ്പിക്കുന്നത് തൻ്റെ അസ്തിത്വത്തെയാണ് എന്നാണ് എന്താണ് അസ്തിത്വം അതാണ് ബോധിപ്പിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കുന്നവണെങ്കിൽ ശരിക്കുള്ള ആസ്തികൻ അസ്തിത്വത്തെ ബോധിക്കുന്നത് അല്ലേ അങ്ങനെ ബോധിക്കുന്ന ഒരാൾക്ക് നാസ്തികൻ ആകാൻ പറ്റുമോ എന്താ പക്ഷെ നിങ്ങളെന്ത് ചെയ്യും യവനെ അസത്യം പഠിപ്പിച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ച് അവസാനവനാരായിത്തീരും നാസ്തികനായിത്തീരും ശരിക്കും അസ്തികനാകുന്നത് തൻ്റെ അസ്തിത്വത്തെ ബോധിപ്പിക്കുന്നതാണ് തുടർന്നുള്ള ഭാഗങ്ങളിലെല്ലാം അതാണ് പറയുന്നത് അടുത്ത് പറയും അനേദം അമൂലം ഭവിഷ്യതി സദായത്തനാഹ സത്പ്രതിഷ്ഠ എന്നെല്ലാം പറഞ്ഞ അടുത്ത് പറയുന്നത് ബോധിപ്പിക്കുന്നത് തൻ്റെ അസ്ഥിത്വത്തെയാണ് തൻ്റെ അസ്ഥിത്വത്തെ ബോധിപ്പിക്കുന്നതാണ് ഭാഷകാരൻ പറയുന്ന പരമാർത്ഥ സത്യം അല്ലാതെ കാടും പടലുമൊക്കെ നമ്മുടെ ബുദ്ധിക്കകത്ത് കെട്ടിവെച്ചിട്ട് നാളെ സത്യം മനസ്സിലായിക്കോളും ഇന്നിങ്ങനെ മതി എന്ന് പറയുന്നതല്ല അത് അല്ല ഭാഷകാരൻ്റെ രീതി അതല്ല അതുകൊണ്ടിവിടെ പറയുന്ന എന്താണ് വികാരസില അനർതത്വം പ്രതിപാദി ശാസ്ത്രം ആ പരമാർത്ഥ സത്യം ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാം അനർഥമാണല്ലോ ഈശ്വരനായാലും ശരി പ്രപഞ്ചമായാലും ശരി അതിൽ നിന്ന് അന്യമാണോ അനർഥം സത്യമല്ല എന്നെ അനർത്ഥമാണ് പരമാർത്ഥമല്ല എന്നാണ് അത് എങ്ങനെ അത് സമർത്ഥിച്ചു മൃദാതി ദൃഷ്ടാന്തേഹി എന്ന് പറഞ്ഞാൽ ആ യുക്തിയിലൂടെ നടത്തും ശ്രുതി തന്നെയുള്ള വ്യക്തി പറഞ്ഞ് നമ്മളും ചിന്തിച്ചാൽ അത് ബോധ്യപ്പെടും എന്നുള്ള കാര്യമാണ് അനർത്ഥത്വമാണ് ആ തെറ്റാണ് വികാരസേജ് അനിർധത്വവും അങ്ങനെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തു ആവർത്തത്വം എന്ന് പറയുന്നതായിട്ട് ഒരു ബന്ധമല്ല ഇവിടെ പറയുന്ന വിഷയമായിട്ട് ഇതിലും ചില മിസ്റ്റേക്കുകളുണ്ട് അതിലും മിസ്റ്റേക്കു അതാണ് മൃതാദ്യ ദൃഷ്ടാന്തി പക്ഷേ ഹിന്ദിയിലർത്ഥം ശരിയായിരിക്കും എഴുതിയിരിക്കുന്നത് അർത്ഥ ശരിയായിരിക്കും അത് പ്രെൻഡിങ് മിസ്റ്റേക്ക് ഇനി അങ്ങനെയൊരു പക്ഷമുണ്ടെന്നൊന്നും വ്യാഖ്യാനിച്ചാളെ അങ്ങനെ ഒരു പക്ഷമൊന്നും മൃതാധിഷ്ടാന്തേഹി സത്തോ ബ്രഹ്മണ ഏകസ്യ സത്യത്വം പറയുന്നു ഏകമായ സത്തായിരുന്ന അതാണ് അസ്തിത്വം എന്ന് പറഞ്ഞത് ഈ ഭാഷകാരൻ ഇവിടെ ഊന്നൽ കൊടുക്കുന്നവനാണ് അസത്യത്വ സത്താണെന്നുള്ള കാര്യത്തിന് തൻ്റെ അസ്തിത്വത്തെ ബോധിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മ ഏകസ്യ സത്യത്വം വികാരസ്യ ജാനത്വം പ്രതിപാദി ശാസ്ത്രം ഉത്പത്യാദിപരം ഭവതുമർഹതി ശാസ്ത്രം ഒരിക്കലും ഉത്പത്യാദികളെല്ലാം അതിൻ്റെ താത്പര്യം അതിനൊരു താത്പര്യം ഉണ്ട് അതാ അതല്ല എന്നാ പക്ഷെ പിന്നീട് വന്ന ആചാര്യന്മാരൊക്കെ അങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് അതെന്തുകൊണ്ട് ഭാഷയാണ് ഭാഷ എങ്ങനെ വ്യാഖ്യാനിക്കാം അപ്പം നിങ്ങളെങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും ശരി അനുഭവയുക്തിയും കൂടെ അതിനോട് ചേരുന്നുണ്ടോന്ന് നോക്കും മറ്റുള്ളവർ മറ്റുള്ള വ്യാഖ്യാനം അദ്വൈതത്തെ സ്വീകരിക്കുന്നതിന് വൈമു വൈമുഖ്യമുള്ളവർ അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ ശ്രുതിവാക്യങ്ങളെ വ്യാഖ്യാനിച്ച് എവിടെ വേണോ കൊണ്ടുപോവാം പക്ഷെ അനുഭവത്തെ യുക്തിയെയും മറിച്ചിടുക എന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യമില്ല അതിൻ്റെ ഉറവിടം നല്ല ഉറപ്പുള്ളതാണെങ്കിൽ അത് മാറ്റാൻ പ്രയാസമാണ് പറയുന്നത് മൃതാതി ദൃഷ്ടാന്തേഹി സദ ബ്രഹ്മണ ഏകസ്യ സത്യത്വം അപ്പൊ അതുമാത്രമേ ഉള്ളൂ ഏകമായ ഒരു സത്യമേ ഉള്ളൂ വികാരസ്യാനിടത്ത വികാരം എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന കാര്യ ബ്രഹ്മൻ തുടങ്ങി സർവവും അത് അസത്യമാണ് പ്രതിഭാത ശാസ്ത്രം ഉത്പത്യാദിപരം ഭതും അർഹതി അപ്പൊ സാധാരണ രീതിയിൽ ഈ യുക്തിയെ കുറിച്ച് പറഞ്ഞു യുക്തിക്ക് ഒരു ദോഷമുണ്ട് എന്താണോ നമ്മളേതെങ്കിലും ഒരു സിദ്ധാന്തത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സിദ്ധാന്തമൊന്നു മാത്രമല്ല ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മളൊരു മുൻവിധി സ്വീകരിച്ചു കഴിഞ്ഞു ഇന്നതാണ് അതിൻ്റെ ധർമ്മം ഇന്നതാണ് അതിൻ്റെ ന്യായം ഇന്നതാണ് അതിൻ്റെ ശരി ഇന്നതാണ് അതിൻ്റെ സത്യം എന്നുള്ള രീതിയിൽ ഒരു മുൻവിധി സ്വീകരിച്ചു പിന്നെ നമ്മുടെ യുക്തികളെ നമുക്കതിനനുകൂലമാക്കാനുള്ള ഒരു പ്രവണത മുള്ളിൽ വരും അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് നമ്മൾ സാറിന് അങ്ങനെ ചെയ്യുന്നു ആദ്യം നമ്മളൊരു നിർണയത്തിലെത്തും പിന്നീട് നമ്മളെന്ത് ചെയ്യും യുക്തിയെ ഉപയോഗിക്കും ആദ്യ സിദ്ധാന്തത്തെ കൽപ്പിക്കും പിന്നെ ആ സിദ്ധാന്തത്തെ അനുകൂലിക്കുന്നതിനുള്ള യുക്തിയെ അങ്ങോട്ട് നയിക്കും യുക്തി ഭാഷകാരം പറയുന്ന അതല്ല നിങ്ങൾ യുക്തിയിലൂടെ സിദ്ധാന്തത്തെ എത്തിച്ചേരുക അതാണ് യുക്തി നിങ്ങളെ നയിക്കുമ്പോൾ നിങ്ങളെവിടെ എത്തിച്ചേരുന്ന അതായിണം സിദ്ധാന്തം യുക്തിക്ക് അത്രയും വലിയ മതവിശ്വാസികൾ നേരെ തിരിച്ചാണ് ഈ മതഗ്രന്ഥങ്ങളിലല്ല അത് ഏത് മതത്തിലായി അതെല്ലാം ഒരു മനുഷ്യന്റെ ഒരു പ്രാകൃത കാലത്തുണ്ടായതാണ് എല്ലാം ഗോത്രകാലത്ത് അതിൽ ഒരുപാട് അസംബന്ധങ്ങളും മനുഷ്യന്റെ ബുദ്ധിക്ക് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം മനുഷ്യൻ പിന്നെ വളർന്ന് ഒരുപാട് മനുഷ്യരിൽ മാറ്റം വന്നു മനുഷ്യന് ബോധം ഉണ്ടായിരുന്നു ഒരു സംശയവുമില്ല മനുഷ്യൻ്റെ എല്ലാ തരത്തിലും മനുഷ്യൻ പ്രജ്ഞാപരമായി വികസിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചം മുഴുവൻ വികസിക്കുമ്പോൾ മനുഷ്യനും വികസിച്ചുകൊണ്ട് അവന്റെ പ്രജ്ഞയ്ക്കും വികാസം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുന്നത് മതങ്ങള് അല്ലെങ്കിൽ പുരോഹിതന്മാർ ഈ പറഞ്ഞ പഴയ ആ മാമൂലുകളെ അബദ്ധങ്ങളെ ന്യായീകരിക്കുന്നതിന് വേണ്ടി അവൻ്റെ പുതിയ പ്രജ്ഞ ഉപയോഗിക്കുകയാണ് അത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ അതാണ് ഈ മതങ്ങളുടെ ദുരന്തം എന്ന് പറയുന്നത് മതചിന്തയുടെ ദുരന്തം എന്ന് പറയുന്നത് അവർ തന്നെ ശ്രദ്ധിക്കുന്ന ഇത്തരം ബന്ധനങ്ങളിൽ നിന്ന് അവർക്കൊരിക്കലും മോചനമില്ലാതെ അപ്പോൾ അത് ശരിയായ രീതിയല്ല എന്നാ അബദ്ധങ്ങളുണ്ടെങ്കിൽ അത് പൂർണമായും തള്ളിക്കളയണം അബദ്ധങ്ങളൊക്കെ ഒരുപാടുണ്ട് തള്ളിക്കളയുക എന്നെ വേണം അബദ്ധം ഒന്ന് ബോധ്യപ്പെട്ടാൽ ബോധ്യപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അത് കൊണ്ടുവന്നത് നമ്മുടെ അറിവിന്ദ്രൻ്റെ വിശേഷതയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ആചാര്യന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പല അബദ്ധങ്ങളെയും പഴയകാലത്ത് പറഞ്ഞ അബദ്ധങ്ങളെയും അവർ അതാത് കാലഘട്ടത്തിൽ ധൈര്യമായും തള്ളിക്കളഞ്ഞു ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടാത്ത അവർ തള്ളിക്കളഞ്ഞിട്ടില്ല പക്ഷെ പ്രാചീനമായ പല കാര്യങ്ങളും അബദ്ധമെന്ന് ബോധ്യപ്പെട്ട തള്ളിക്കളയും ശരിയെന്ന് തോന്നി അവർ പിന്തുടരും പക്ഷെ നമ്മളങ്ങനെയല്ല അവർ തള്ളിക്കളഞ്ഞതിനെയെല്ലാം പിന്തുടരും എന്തുകൊണ്ട് നമുക്കതിനുള്ള ബോധമില്ലാത്തതുകൊണ്ട് ആചാര്യന്മാരങ്ങനെയല്ല ഓരോ സമയം അവർ പരിശോധിക്കുകയും അവർക്ക് ബോധ്യപ്പെട്ടതെല്ലാം അവർ അവനെ മാറ്റുന്നതിന് അവർക്ക് യാതൊരു മടിയും ഉണ്ടായിട്ടില്ല കാരണം ചിന്തകന്മാരായിരുന്നു അവർ അതുകൊണ്ടാണ് അത് എത്രയോ പേര് എടുത്തു പറയാനുണ്ട് ഗുരുവിൻ്റെ സിദ്ധാന്തത്തെ ശരിയല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ശിഷ്യനെന്തെയും യാതൊരു ദൈവമില്ലാതെ ഈ പറഞ്ഞിരിക്കുന്ന അസംബന്ധമാണോ ഗുരുഭക്തിയു തടസ്സമല്ല അപ്പോൾ ആ അത്തരം ഒരു ആശയപരമായൊരു നൈമ്മല്യം നമ്മുടെ പഴയ ആചാര്യന്മാരൊക്കെ അത്തു സൂക്ഷിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് പിന്നെ ഇതിനെവിടെയാണോ ഇതിനെ വേണ്ടാത്തതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ അവിടെ ഒരു പൗരോഹിത്യക്കുബുദ്ധി അതിൻ്റെ പിന്നിൽ കാണും അതാണ് മതങ്ങളുടെ ദുരന്തമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം